അധ്യായ ഒന്ന് ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ ഒന്നാമാണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ പഴശ്സി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ ഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു യഹൂദയിലെ എരുഷലേമിൽ അവന് ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലുമുണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടു കൂടെ ഇരിക്കുമാറാകട്ടെ അവൻ യഹൂദയിലെ യരുഷലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രയേലിന്റെ ദൈവമായ ഹോവയ്ക്ക് ആലയം പണിയിട്ട് അവനല്ലോ യെരുഷലേമിലെ ദൈവം ശേഷിച്ചിരിക്കുന്ന അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന് വെള്ളി മറ്റു സാധനങ്ങൾ കന്നുകാലി എന്നിവയാലും യരുഷലേമിലെ ദൈവാലയം വകയ്ക്കായി ഔദാര്യ ദാനങ്ങളാലും സഹായം ചെയ്യണം അങ്ങനെ യഹൂദയുടെയും ബെന്യാമീന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ യേവനും യെരുഷലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു അവരുടെ ചുറ്റും പാർത്തവർ എല്ലാവരും കൊടുത്ത ഔദാര്യദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളികൊണ്ടുള്ള ഉപകരണങ്ങൾ പൊന്ന് മറ്റു സാധനങ്ങൾ കന്നുകാലികൾ വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു നെപുഗദനെസർ യെരുഷലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു പാസ്വീ രാജാവായ കോരശ് വിചാരകനായ മിത്രേദത്ത് മുഖാന്തരം അവ പുറത്തേക്ക് യഹൂദ പ്രഭുവായ ശേഷ്ബസറിന് എണ്ണിക്കുടിപ്പിച്ചു അവയുടെ എണ്ണം അവിത് പൊൻതാലം മുപ്പത് വെള്ളിത്താലം ആയിരം കത്തി ഇരുപത്തൊൻപത് പൊൻപാത്രം മുപ്പത് രണ്ടാം തരത്തിൽ വെള്ളിപ്പാത്രം നാനൂറ്റിപ്പത്ത് മറ്റുള്ള ഉപകരണങ്ങൾ ആയിരം പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരുശല്യമ്മിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ഷേസ് ബസർ കൊണ്ടുപോയി